തൗറാത്ത് ചുമത്തപ്പെട്ട് പിന്നീടത് ചുമക്കാത്തവരുടെ ഉദാഹരണം പുസ്തകങ്ങൾ ചുമക്കുന്ന കഴുതയുടെ ഉദാഹരണം പോലെയാണ് അള്ളാഹു സുബഹാനുഹുവ തായാലാവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ജനതയുടെ ഉദാഹരണം എത്ര മോശമാകുന്നു അല്ലാഹു സുബഹാനുഹുവ തായാല അക്രമികളായ ജനതയെ നേർവഴിയിലാക്കുകയില്ല